ുശ്മോ മംഗളേക്കെ യു യേത കലാ തഭപൗരാം പ്രയത്നസിലും മഹത് ഇത് പൗരുഷേണ അന്ന അക്രമം യഥാർത്ഥ ദൈവേന ചോദ്യം അന്യ പൗരുഷവാസത്തിൽ തധാസൂര്ണ ചൂടിയെ ായിട്ട് മാത്രം എടുത്തു അന്നത്തെ ചവച്ചരിച്ചു കഴിഞ്ഞു അന്യ പൗരുഷമാശ്രമ തഥാ സൂര്യൻ ചോദ്യയിലെ ഇതുപോലെയുള്ള അന്യ ദുർബലൻ നമ്മൾ പറയുക പൗരുഷമാശ്ര സൂര്യനും ചൂഢ്യത്തെയും ശൂരൻ വലിയ ബലവാന് പരാക്രമി ദുർബലനും തൻ്റെ പോരുഷം കൊണ്ട് ചൂഢ്യത്തെയും അന്നത്തെ ചവച്ചരയ്ക്കിൽ നിന്നോട് കീഴ്പ്പെടുത്തുന്നു ആധിപത്യ സ്ഥാപിക്കുന്നുവെന്നോ കൊല്ലുന്നു എന്റെ അർത്ഥം പറയുന്ന ബലവാൻ ദുർബലത കീഴ്പ്പെടുത്തുന്ന അവന്റെ പൗരുഷ അപ്പൊരുഷന്റെ പ്രാധാന്യത്തെ പൗരുഷത്തിന്റെ ഭേദനയും പുരുഷത്തിന്റെ മഹത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അന്നഭൂതാകെ വന്നതാണ് ലഘവോ യജ്ഞാധ്യത യഥാശ്വരം അനുയോജ്യത്തെ കർമ്മശിഷ്ടമാണ് പ്രയത്നിക്കുന്നു അവരേട് മഹത്വക്കളന്നു പോഷവും പ്രയത്നശീലന്മാർ അവരുടെ അന്നംഭൂലമാണ് ലഘവ ദുർബലന്മാർ അവർക്ക് അന്നം യഥിഷ്ടപരിയപക്ഷേര കർമ്മശ്രോഷ്ഠ അവരെന്ത് ചെയ്യുന്നു മൺകട്ടകളപ്പ് എന്നിട്ട് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതെ ഈ ദുർബലന്മാരെ ഓരോ പ്രവൃത്തികളിൽ നിയോഗിക്കും അതോടെ പറയുന്ന പൗരുഷത്തിൻ്റെ വിജയമായിട്ടും വേദനയായിട്ടും അതിൻ്റെ മഹത്വമായിട്ടാണ് എന്നുവെച്ചാൽ പോരുഷമാണ് അടിമകളെ സൃഷ്ടിക്കുന്നത് അവര് അചേതനമായൊരു വസ്തുവാണ് അടിമകളെ അചേദന വസ്തുക്കളെ പോലെ ഇതാണ് പൗരുഷത്തിന്റെ മേയങ്ങൾ മഹത്വങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നോ എന്തെങ്കിലും തോന്നുന്നു പണ്ടത്തെ കാലത്ത് ആ പഴയ കാലത്തെ കാര്യമാണ് പറയുന്നത് അപ്പൊ ദുർബലന്മാരെ പിഴ്പെടുത്തുന്നത് പൗരുഷത്തിന്റെ മേന്മയായിട്ട് പറയുക എന്ന് പറയുന്നത് പഴയ ആൾക്കാർക്ക് എത്ര സാമൂഹ്യബോധം കുറവായിരുന്നു എന്നുള്ളതിന്റെ അടയാളം മനുഷ്യന്റെ പഴയകാലത്ത് ഈ അതിക്രമങ്ങൾക്ക് നടന്നത് അതിക്രമം നടത്തുന്ന ഒരു കരുതിയിൽ നിന്ന് അവർക്ക് അവരുടെ പ്രയത്നത്തിന്റെ വിജയമായിട്ടാണ് ദുർബലനെ വീഴ്പ്പെടുത്തുന്നത് ബലവാന്റെ ബലത്തിന്റെ അടയാളമായിട്ടാണ് കളക്കാക്കിയത് ശരിക്കും അങ്ങനെയാണോ ശരിക്കും അങ്ങനെയാണോ സാമൂഹ്യ ശാസ്ത്രത്തെക്കുറിച്ച് ബോധമുള്ളവർക്ക് അത് മനസ്സിലാകുന്നത് ശരിക്കും അങ്ങനെയാണോ സംഭവിക്കുന്നത് നമ്മുടെ ചരിത്രം മനുഷ്യന്റെ ചരിത്രത്തിലതാണ് സംഭവിച്ചിട്ടുള്ളത് ഈ പറയുന്നത് ശരിയാണ് പണ്ടിങ്ങനായിരുന്നു അടിമകൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു അത് കുറച്ച് പേരുടെ പോഷണം പറയേണ്ടത് കാരണം ഈ ദുർബലന്മാരെ ഉൾപ്പെടുത്തി അവിടെ പ്രയത്നമുണ്ട് ശരിയാണ് പക്ഷെ ഈ ഒരു ദുർബല സമൂഹത്തെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് നമ്മൾ ഈ കരുതുന്നവരെയുള്ള ഈ പല്ലുകൊണ്ടും ചവച്ചരയ്ക്കുന്ന പോലെയുള്ള പുരുഷന്റെ യത്നമാണ് അത് സൃഷ്ടിക്കുന്നത് ബുദ്ധിയാണ് മനുഷ്യന്റെ ബുദ്ധിയാണ് ബുദ്ധിയുള്ളവരെന്ത് ചെയ്യുന്നു അവരെ ബുദ്ധിയിലൂടെ ബുദ്ധി ആദ്യം പ്രവർത്തിക്കുന്നു രണ്ടാമതാണ് ഈ ശക്തി വരുന്നത് ആദ്യം ബുദ്ധി കൊണ്ടെന്ത് ചെയ്യുന്നു ഈ ദുർബല വിഭാഗങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കും ഇവിടെ പ്രാധാന്യ ശക്തിക്കല്ല ബുദ്ധിക്കാണ് പണ്ട് നമ്മുടെ ഇവിടെ നിറഞ്ഞിട്ടില്ല ഭൂരിപക്ഷത്തെ ദുർബലരാക്കിയത് വളരെ ബുദ്ധിപൂർവ്വമായ കാര്യമാണ് ആ ബുദ്ധിയുടെ ശക്തി എന്ന് പറയുന്ന നൂറ്റാണ്ടുകളോളം നിൽക്കും മലയാളത്തിൽ ചേർന്ന് എന്താണ് പരാക്രമം സ്ത്രീകളോടെ വേണ്ടും എന്താണോ പറയുന്നതിന്റെ അർത്ഥം സ്ത്രീകള് ദുർബലരാണ് അവരെ വേണ്ട പരാക്രമം സ്ത്രീ ദുർബലയാണെന്ന് അംഗീകരിക്കുന്നതാണ് സ്റ്റേറ്റ്മെന്റ് അപ്പൊ പിന്നെ കാണിക്കേണ്ട കാര്യമില്ല അതായത് ദുർബലനെ കീഴ്പ്പെടുത്തുന്നു പൗരുഷത്തിന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് അവന് കീഴടങ്ങിയാണ് എതിർക്കാ ശേഷിയില്ലാത്തവർ ദുർബല എതിർക്കാൻ ശേഷിയില്ലാത്ത അവൻ കീഴടങ്ങിയെന്ന് പിന്നെ പൗരുഷം കൊണ്ട് നേരിടുന്ന എപ്പോഴും പൗരുഷന്റെ പൗരുഷമുള്ളവരാണെങ്കിൽ പൗരുഷന്റെ അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചരിത്രത്തിൽ തന്നെയാണ് പണ്ട് അലക്സാണ്ടർ ഇന്ത്യച്ച് അപ്പോ അന്ന് ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്തുണ്ടായിരുന്ന ഒരു രാജാവ് അവിടെ അത് പൗരുഷമാണ് പൗരു നേരിട്ടു കഴിഞ്ഞാൽ ശക്തിയുള്ള പൗരുഷം ചെയ്യുന്നു മറ്റൊന്നും കീഴ്പ്പെട്ടു അങ്ങനെ കീഴ്പ്പെട്ടു അപ്പൊ അത് കീടങ്ങുകയാണ് എതിർത്ത് പരാജയപ്പെടുകയാണ് ആ സമയം അതിരുകടന്നുള്ളിലേക്ക് വന്നപ്പോ അലക്സാണ്ടർ വരുന്നു കേട്ടപ്പോൾ പല രാജകന്മാരും ഹാർട്ട് അറ്റാക്ക് മരിച്ചു അപ്പൊ ദുർബലനോട് പൗരുഷത്തിന്റെ ആവശ്യം അവൻ ഭയങ്കര കീഴടങ്ങും അപ്പൊ ദുർബലനെ പൗരുഷം കൊണ്ട് നേരിടുന്നു ജയിക്കുന്നു എന്നൊക്കെ പറയുന്നത് സാമൂഹ്യ ശാസ്ത്രത്തെ കുറിച്ചുള്ള പറയുന്നു നമ്മുടെ തന്നെ ആവശ്യമുണ്ട് കാരണം ദുർബലന്ന് അതേ പറ്റും അവരെ എതിർക്കാൻ കഴിയും അത് ഈ പറയുന്ന കാര്യം പൂർണ്ണമായും ശരിയല്ല പൗരുഷം നേരിടുന്ന അവിടെ ശക്തിയോട് ജയി അതിൽ ശക്തി കുറഞ്ഞ പോരുഷം ഒരാൾ പറയും അതുകൊണ്ട് ഈ പ്രവൃത്തികളിൽ നിയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നത് അവിടെ പോരുഷത്തിന്റെ ആവശ്യമുണ്ട് അവർ കീഴടങ്ങിയവരാണ് കീഴടങ്ങിയവരിൽ ഈ അടിമകൾ എന്തായിരിക്കും എന്നും അവർക്കൊരു അടിമ മനോഭാ അവര് അവർക്ക് കീടങ്ങൾ മാത്രമേ അവശീലിച്ചിട്ടുള്ളൂ അവരെന്നും കീഴടങ്ങി തരണം ചെയ്യും അവർ പോരുഷോപിച്ചിരിക്കുന്ന എതിർക്കത്തിൽ പിന്നെ ഒരാളുടെ ദൗർബല്യം ബലവും ഒക്കെ തീരുമാനിക്കുന്നത് അതാരും മുൻപോട്ട് തീരുമാനിച്ചു വെക്കുന്നല്ലേ എത്ര ബലമോടെ എത്ര പൗരുഷവും ആകും ഒരു നിമിഷം കൊണ്ട് സമ്പന്നമായി പോകാം തകർന്നു പോകാം അതാണ് ഇന്നലെ ബംഗ്ലാദേശിൽ സംഭവിച്ചത് ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളിലൊരാളായിട്ടാണ് ഷേഖ് ഹസീനെ ഗസീനൊക്കെ തിരഞ്ഞെടുത്ത ഒരു സമയത്ത് പക്ഷെ ഇനി ഒരു ഏതാനും മണിക്കൂറുകളിൽ ദുർബലായി രാജ്യം കണ്ട് ജീവൻ കൊണ്ട് ഓടേണ്ടി അപ്പൊ പൗരുഷവും ദൗർബല്യവും അങ്ങനെ എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്ന സാധനമാണ് ഏത് ബലവാലി നിമിഷം കൊണ്ട് ദുർബലമാക്കാൻ പറ്റും ദുർബലനാകും അത് സാഹചര്യങ്ങൾ രാഷ്ട്രീയ സാഹചര്യങ്ങളും മറ്റു പല സാഹചര്യങ്ങളും കൊണ്ടാണ് അപ്പൊ ഇതൊന്നും എന്താണ് സ്ഥിരമായി ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളൊന്നും അത്തരം സാമൂഹിക കാഴ്ചപ്പാടുകൾ ഇല്ലാത്ത ഇങ്ങനെ കഴുകി വയ്ക്കുന്നത് എന്താണ് പൗരുഷം കൊണ്ടാണ് ദുർബലനെ കീഴ്പെടുത്തുന്നത് ദുർബലനെന്താ കീഴ്പെടുക്കുന്നത് കീഴ്പെട്ടവരാണ് ദുർബലൻ അവിടെ ശക്തസ്യ പോരുഷൻ ദൃശ്യം അദൃശ്യം മാറി കേട്ടില്ല അന്നുവെച്ചാ എന്താണ് ഇരകള് പറയും ആ ആഹാരം പോലെ ആഹാരം ഇരകളെന്ന് പറയുന്ന സാധനം ഉപയോഗിക്കും ഇരപാതം ഇരയാണ് മാനി യഥേഷ്ടോക്ഷ്യം വേദന കർമ്മ സന്തോഷം ശക്തസി പോവശന ശക്തന്റെ പോരുഷം അത് പ്രത്യക്ഷമായാലും ശരി പ്രത്യക്ഷം അല്ലെങ്കിൽ ശരി ദൃശ്യം വ അദൃശ്യം ശക്തന്റെഷം എന്ന് പറയുന്നത് അതിനെ അശക്തനെങ്ങനെ കാണുന്നു തദ്ദൈവം അശക്തനവന്റെ വിധിയായി കാണും അത് സാറിന് സമ്മതിക്കുന്ന കാര്യമാണ് ദുർബലൻ അശക്തരായ മനുഷ്യർ എല്ലാവരും കരുതുന്നു എല്ലാവരുടെ വിധിയാണ് അവരുടെ ദൗർബല്യം അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധികളെയും നേരിടാൻ ശക്തിയില്ലാത്തവരാക്കി ആ പറയുന്നത് സത്യമാണ് ദൈവമുക്ക് അശക്തേന ബുദ്ധം ആത്മനെ അബുദ്ധിന സ്വയം ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ വിധിയാണെന്ന് കരുതി എല്ലാ വിപത്തുകൾക്കും അവന് കീടം ഒന്നിനു ഏതൊരു ആശക്തി ഇല്ലാത്തവർ അത് ശരിയാണ് ഈ ദുർബലന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ അത് ശരിയാണ് തനിക്ക് ഇതിലേക്ക് നേരിടാനുള്ള ശക്തി ഉണ്ടോ എന്ന് പോലെ ചിന്തിക്കാൻ കഴിയും അപ്പൊ ജീവിതം വരുന്ന പൂർണ്ണമായൊരു കീടങ്ങളിൽ അത് അസക്തരുടെ ദുർബലരുടെ ഒരു സ്വഭാവമാണ് ഈ മനുഷ്യന്റെ ദൗർബല്യം എന്ന് പറയുന്നത് എന്താണ് മനുഷ്യന്റെ ദൗർബല്യം മനുഷ്യന്റെ ദൗർബല്യം എന്ന് പറയുന്നുണ്ട് മനുഷ്യന്റെ ബലോ എന്ന് പറയുന്നുണ്ട് അവർ ഏറ്റവും ഉത്തരവേ ഉള്ളു അവന്റെ മനസ്സ് ഒരാള് ദുർബലനായിരിക്കുന്ന എല്ലാ അർത്ഥത്തിൽ അവന്റെ മനസ്സ് ദുർബലമാണ് മനസ്സ് ദുർബലമാണെങ്കിൽ അവൻ എവിടെയെങ്കിലും കീഴ്പൊട്ടേ വരും അവന് അടിമയായതിനും എവിടെയെങ്കിലും എന്തിനുവേണ്ടി അതാണ് അവന്റെ നിലനിൽ അവന്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ എവിടെയെങ്കിലും കിട്ടും ഇത് നിങ്ങൾ കരുണാമശാസ്ത്രം വായിച്ചാൽ മനസ്സിലായി പറയുന്നത് മനുഷ്യനെ അതിജീവനത്തിന് അവന്റെ ഈ ദൗർബല്യം സഹായിച്ചിട്ടുള്ളതാണ് ബലം മാത്രാണ് പലയിടത്തും ചിലപ്പോ അവനെ അതിജീവനത്തിന് സഹായിച്ചത് അവന്റെ കീടങ്ങൾ ചിലപ്പോ ഏറ്റുമുട്ടിയാൽ തകർന്നു പോകുന്നു പരുന്ന കീടങ്ങിയാൽ ചിലപ്പോൾ രക്ഷപ്പെടുന്നു ഒന്നും തന്നെ മനുഷ്യൻ്റെ ഒരു വികാരം മനുഷ്യൻ്റെ ഉള്ളിലുള്ള കാമം ക്രോധം അസൂയ നമ്മൾ പറയുന്നുണ്ട് ഷഡ്വൈരികൾ എന്ന് ഒരു വികാരം പരിണാമപരമായി പോയി കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവൻ്റെ അതിജീവനത്തിന് സഹായിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ മനുഷ്യനെന്തും മനുഷ്യനായും തുടരുന്നതിന് സഹായിച്ചിട്ടുണ്ടെന്നും അതിന് അപകടമായി വരുന്ന അതിന് ഇതുണ്ടോ ഭയം ഭയം പറയുന്ന ഒരു വികാരം മനുഷ്യൻ ഉണ്ടായിരുന്നു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ജീവി വർഗ ഈ നമ്മൾ സ്ഥിതി ഭയം പോലീന്ന് ഭയത്തിനെന്തോ വളരെ മോശമായ കാര്യമായി കാണും അങ്ങനെ അത് നിങ്ങള് റെവല്യൂഷനെ കുറിച്ച് മനസ്സിലാക്കണം ഞാനിങ്ങനെ പാട്ടെല്ലാം അലഞ്ഞു നടക്കുമ്പോൾ തികച്ചും അരക്ഷിതനാണ് ദൂരെ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ തന്നെ ആക്രമിക്കാൻ പറ്റുന്ന ഒരു ജീവിയുള്ള ഓടി അവന്റെ ഗുഹയ്ക്കാത്ത കയറിയോണ്ടാണ് അവനെ അതിജീവിച്ചത് അങ്ങനെ അവൻ ഓടി ആ ഭയമില്ലെങ്കിൽ എന്തെയും അവനെ അതിശ്രദ്ധിക്കാതെ അങ്ങോട്ട് കേട്ടും അവിടെ ഇരിക്കുന്നത് എന്നെങ്കിലും കാട്ടുമൃഗമായിരിക്കും അവനെ വിളിച്ചത് അപ്പോ ഭയം എന്ന് മനുഷ്യൻ മനുഷ്യനായിരുന്നു ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വികാരമാണ് മനുഷ്യൻ മനുഷ്യനായൊന്നും നിലനിൽക്കുന്നു പക്ഷേ അതിൻ്റെ ഒരു ലിമിറ്റുണ്ട് അത് അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് കണ്ണിൻ്റെ നേരെ ഈ വരുമ്പം കണ്ണടയിൽ എന്തിനാണ് ഭയന്നിട്ടാണ് ഭയന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിലെ വ്യവസ്ഥകൾ തന്നെ അവന്റെ കണ്ണിനെ രക്ഷിക്കാൻ ശ്രമിക്കും ഭയം കൂടിയേ ചെയ്തു അപ്പൊ ഇത് ഒന്നു വന്നാലും പൂർണ്ണമായിട്ടുള്ള കളയുണ്ടോ ഭയമില്ലാതെ ജീവിക്കണം നമ്മൾ സാറിന്റെ പറയുക ഒരു ഗമിക്ക് പറയും ഭയമില്ലാതെ ജീവിക്കുക ആശയം തന്നതാണ് ഭയമില്ലാതെ ജീവിക്കാൻ ചെന്ന അപ്രഹൃത്യാവില്ല അവന്റെ മരണം ഏത് സമയം സംഭവിച്ചു അവനെ അതിജീവിക്കാൻ വഴിയെത്തി അതുകൊണ്ട് എല്ലാ മനുഷ്യനെ ഒരു പരിധി ഒരു സഹായിച്ചു പൂർണ്ണമായും ഒന്നിനെയും പാടെ ഒന്നിനെയും നിഷേധിക്കുന്നുണ്ട് ഈ പറയുന്നത് ശരിയാണ് എന്താണ് ദുർബലനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ദൗർബല്യം അതിന്റെ പരിധിവിട്ട ദൗർബല്യമാണ് ആ ദൗർബല്യം അവനെ അടിമയാക്കാം അബുദ്ധിന ലീലാഗനം തെയ്യുന്നു അവൻ ബലത്തിന് കീഴടങ്ങും ഭൂതാനാം ബലവദ്ഭൂതം എന്റെ ദൈവവിധിസ്ഥിതം തത്തെമപ്യധിഷ്ഠ സാമേത സ്ഫുടം നിധ ഭൂതാന പ്രാണികൾക്ക് ബലവത്ഭൂതം ബലവത്തായിരിക്കുന്നത് ബലവത്തായി ഇരിക്കുന്നത് പൗരുഷതുർത്ഥത്തായി ഭവിച്ചത് ജീവരുടെ എല്ലാം ബലം എന്ന് പറയുന്നത് തന്ന ദൈവം അത് വിജയൻ നിലവത്തായിരുന്ന പൗരുഷമാണ് വിജയം തദ്ദേശ അധിഷ്ഠാനം അതാണ് അവന് നിലനിൽക്കുന്നത് യുവന്മാരെല്ലാം നിലനിൽക്കുന്ന എന്താണ് അതിന്റെ അതവരെ പൗരുഷം സദാ വേദ സ്ഫുടം ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു ബുദ്ധിയുള്ള ആൾക്കാർ വിവേകൾ അവർക്കിതെല്ലാം വ്യക്തമാണ് എന്നുള്ളത് വിധാവിച്ച് ഈ പ്രാണികൾക്ക് പരസ്പരം ഇതറിയാവുന്ന കാര്യമാണ് ബലമാണോ നിലനിൽക്കുന്നത് കേവലം ദൗർബല്യമല്ല ശാസ്ത്രമാരാണ അവികൽപാസ്വഭാവം ഭക്ഷുരാ മുമ്പ് പറഞ്ഞ വിഷയത്തെ ഇവിടെ ഒന്നുകൂടെ കൊണ്ടുവരിക ഇവിടെ ഒന്നുകൂടെ ചേർന്നു കാരണം ഈ പഴയകാലത്ത് ഇങ്ങനെ മന്ത്രിയും ബൃത്തിയുമാനും ഈ ആരെയും കൊണ്ടുപോകുന്നതിന്റെ പിന്നിലെന്താണ് ഇങ്ങനെ ശാസ്ത്രവും ഇന്നത്തെ ശാസ്ത്രങ്ങളെഴുതി വെച്ചിട്ടുണ്ട് ഈ പുരാണങ്ങളിലൊക്കെ ഉള്ളതാണ് അങ്ങനെ രാജ്യത്ത് ഒരു രാജാവില്ലാതെ പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലോട്ടറി എടുക്കാം ലോട്ടറി ലോട്ടറിയാണ് ആനയുടെ കയ്യിൽ മാലയും കൊടുത്തു കൊടുക്കുക ആന മാല കൊണ്ടുവന്ന് കഴിച്ചിട്ടെടുത്തവൻ ആരോ അവൻ രാജാവും അപ്പൊ അത് ഒരു ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് ഇത്രയും ബുദ്ധിമോശമായൊരു കാര്യമില്ല പക്ഷെ ശാസ്ത്രത്തെ എഴുതി വെച്ചാൽ അത് ചെയ്യും ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമോശമായ കാര്യമെന്ന് പറയുന്നത് ഇതുകൊണ്ടൊന്ന് പഴുത്തിയിടുന്നവരും യോഗ്യതയില്ലാത്തവനാണെങ്കിൽ ശേഷിയില്ലാത്തവനാണെങ്കിൽ പോയില്ലേ എന്റെ രാജ്യം പോയില്ലേ ആന എന്ന് പറയുന്നവർക്കാണ് ബുദ്ധിയുള്ള ഒരു ചിന്തി പക്ഷെ ശാസ്ത്രത്തെ എഴുതിയിരിക്കുന്നവർ മനുഷ്യങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ചെയ്യും അന്ന് ജനാധിപത്യമില്ലാതുകൊണ്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്തിന് അതിൽ നിന്നൊരാൾ തെരഞ്ഞെടുപ്പ് ശക്തനായവരാണ് അതിനാൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്തയില്ല മനുഷ്യൻ പഴയ മനുഷ്യർ വളരെ പ്രാകൃതയുടെ ഇന്നത്തെ വേസ് അതുകൊണ്ടാണ് അവർക്ക് ഒരു ചിന്ത പോവാ ഇന്നത്തെ കാലത്തെ ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രി ഭാഗ്യക്കുറി പോലെ തെരഞ്ഞെടുത്തു ഞാനോ നിങ്ങളോക്കെ പ്രധാനമന്ത്രിയാവും പിന്നെ ഈ രാജ്യത്തിന്റെ കാര്യം പറയാനുണ്ട് കരുത്തനായ ഒരാളുടെ പ്രധാനമന്ത്രിയാവും ജനങ്ങൾ തിരഞ്ഞെടുക്കണം ഇപ്പൊ ഉള്ളതിന് ഏറ്റവും നല്ല വഴിയാണ് ഏറ്റവും നല്ലതല്ല ഇപ്പൊ ഉള്ളത് വേറൊരു വഴി നമ്മുടെ മുന്നിലില്ല ഇതൊക്കെ ഈ പറയുന്ന ആനവിദ്യയൊക്കെ മനുഷ്യൻ പരീക്ഷിച്ചു കളഞ്ഞിട്ടാണ് മനുഷ്യൻ ജനാധിപത്യത്തിലേക്കുന്നത് പഴയ ആന വിദ്യ അവർക്ക് മനസ്സിലായി കാരണം ചിലപ്പോൾ ആനകളൊക്കെ ചെന്ന് മലകളിൽ നിന്ന് ഉള്ള രണ്ടായിരുന്നു അവരെ ആ രാജ്യത്തെ നശി പക്ഷെ ഇവിടെ പറയുന്ന ആ കാര്യത്തെക്കുറിച്ചെല്ലാം ശാസ്ത്രം മന്ത്രി ഇപ്പം ആന പൗരന്മാർ ഇവരുടെ അഭികൽപാ സ്വഭാവധീ സ്വാഭാവികമായിട്ടുള്ള ബുദ്ധി അഭികൽപ്പമായിട്ടുള്ള സംശയരഹിതൊരു സംശയമില്ല എന്താണ് ആന ആണ്ട കഴുത്തിൽ മാന എഴുതുന്ന അവനാണ് രാജ അതാണ് അങ്കല്പമായ സ്വാഭാവികമായ ഉറച്ചു കഴിഞ്ഞവരാണ് പ്രാകൃതരായ മനുഷ്യരാണ് വിവേകമില്ലാത്ത മനുഷ്യരാണ് ഭിക്ഷുകാജ്യ അതാണ് ആ ഭിക്ഷുകാജ്യം എന്ന് വെച്ചാൽ ഇത് ആന തെരഞ്ഞെടുത്താലേ സ്വാമി ആ സ്വാമി പിന്നെ അറിയുന്ന പെടുന്ന എന്താണോ സ്വാമി രാജ്യം അല്ല ബുദ്ധിയും കഴിവുള്ള സ്വാമിമാരാണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ യോഗി ആദിത്യനാഥനോ പക്ഷെ ആനയ്ക്ക് സ്വാമിയെ കണ്ട ബുദ്ധിയുടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റില്ല അറിയാൻ പറ്റില്ല സ്വാമി ആയതുകൊണ്ട് ബുദ്ധി വേണമെന്നൊന്നും യോഗി ആദിത്യനാഥനൊക്കെ ബുദ്ധിയുണ്ട് ഒന്നായ എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിലൂടെ വളർന്ന സ്വാമിയായ ആളായ ആശ്രമത്തിൽ വന്നപ്പന്നെ തുടങ്ങിയ പരിപാടി എന്താണ് രാഷ്ട്രീയം അതിൽ കളിച്ച് കളിച്ച് വന്നുകൊണ്ടാണ് രാഷ്ട്രീയ ബുദ്ധിയുണ്ടായത് ഈ സാധാരണ ഒന്നിനും കൊള്ളാത്തവരാണ് സ്വാമിയോ ആണോ അവരവിടെ വിദ്യ ഉണ്ട് അത് പിടിച്ച് ആന രാജാവായിട്ട് അങ്ങനെയുള്ള രാജ്യങ്ങൾ ഭിക്ഷുകരായിട്ട് കർത്തർ ധത്തർ പ്രജാസ്ഥിതി അപ്പോ പ്രജകളുടെ സ്ഥിതി ഒരു രാജ്യത്തിന്റെ ജനങ്ങളുടെ നിലനിൽപ്പിന് എന്താണ് അവരുടെ ആ ബുദ്ധി സ്വാഭാവികമായ ബുദ്ധിയാണ് കർത്താവുമായി അതിനെ ധർത്തം വെച്ചാൽ ധരിക്കുന്നത് നിലനിൽക്കുന്നതുമൊക്കെയാണ് ജനങ്ങളുടെ എന്താണ് വേണമെങ്കിൽ നമ്മൾ ക്ഷേമരാഷ്ട്രം ഒരു ക്ഷേമരാഷ്ട്രത്തിന്റെ എന്താണ് അതിനെ സൃഷ്ടിക്കുന്നതിനും അതിനെ നിലനിർത്തുന്നതിനും ഈ മണ്ഡലം ബോധമാണ് എന്നാണ് ഇവിടെ പറയുന്നത് വ്യബദ്ധിന്തയാണ് നറുക്കെടുപ്പാണ് എന്നാണ് പറയുന്നത് ഇവർ പ്രാകൃതമായ പഴയ ബുദ്ധിയാണ് ഇതൊക്കെ ഒരു ഭാഗ്യം പോലെയാണ് ഭാഗ്യത്തിനൊരു നല്ല സ്വാമി പറ്റാനും രക്ഷപ്പെടില്ല എന്നുള്ളതല്ല പക്ഷേ ഇതൊരു ഭാഗ്യം അനുസരിച്ച് ചെയ്യേണ്ട കാര്യമില്ല ഇവര് പറയുന്നത് പുരുഷത്തെക്കുറിച്ച് പറയുന്നവർക്ക് തന്നെ അവർ അറിയാതെ തന്നെ എന്ത് ചെയ്യുന്നു ഭാഗ്യത്തെ അനുഭവിക്കും കാരണം ആ രാജ്യം നന്നാവണമെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ആന തിരഞ്ഞെടുക്കുന്ന ആള് ബുദ്ധിമുളനായിരിക്കും അതിന്റെ ഭാഗ്യം ഇല്ലെങ്കിലും രാജ്യം അപ്പൊ ഈ ഒരു അന്ധവിശ്വാസം ആണ് രാജ്യത്തിന്റെ ശിക്ഷിതരാജ്യത്തിൽ സൃഷ്ടിക്കുന്നതും വളർത്തുന്നതും നിലനിർത്തുന്നതും പറയുന്നത് തികച്ചും ബോധശൂന്യമായ രോഗം അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ സാധിക്കുന്നത് ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഭാഗ്യം ജനങ്ങളുടെ ഭാഗ്യം പറയും എന്ന് പറയുന്നത് ഞാൻ ഈ ശ്ലോകത്തിന്റെ അടക്കം പറയും ഞാനാണ് ശാസ്ത്രം മന്ത്രി ആന പൌരന്മാർ ഇവരുടെ സംശയരഹിതമായ സ്വാഭാവികമായ ബുദ്ധിയാണ് ആ ഭിക്ഷുതരാജ്യം ഭിക്ഷുവൻ്റെ ആ രാജ്യത്തിന്റെ പ്രജാസ്ഥിതി ജനങ്ങളുടെ നിലനിൽപ്പിന്റെ എന്താണ് കർത്താവും ധർത്താവുമായിരിക്കുന്നത് ഇതുപോലൊരവർം പറയാനേ ഉം ഏ അങ്ങനെ ഉം ഉം നമുക്ക് ഇവിടെ ഒരു കാര്യം മനസിലാക്കണം ഈ ആനയെ ഒറ്റയ്ക്ക് വിടുകയല്ല മതം പൊട്ടിയാന ഈ ആനകളുണ്ട് ഇവിടെ മന്ത്രിയുണ്ട് പാപ്പമാരുണ്ട് ജനങ്ങളുണ്ട് എല്ലാവരും കൂടെ പോവുകയാണ് ആനയെ പേടിയുണ്ടെങ്കിൽ ജനങ്ങളൊക്കെ കൂടെ പോകും ആ അപ്പോ ആനയെ പേടിക്കേണ്ട കാര്യമില്ല അതാണ് ആദ്യം ഞാൻ പറഞ്ഞത് ആനയെ ഇണക്കി വളർത്തിയ ആന ഇവിടെ ഒര ഉണ്ടല്ലോ ആനയുണ്ടെന്ന് വിചാരിച്ചുകൊണ്ടുള്ള ആൾക്കാരൊക്കെ ഓടിപ്പോവാണ് ആ അതുപോലെ തന്നെ ഇണക്കി വളർത്തുന്ന ആന ഉണ്ടെങ്കിൽ ആൾക്കാർ ഓടി പോകത്തില്ല പിന്നെ മാത്രമല്ല ആന പോകുന്നത് എങ്ങനെയാണ് തുമ്പക്കൈലൊരു മാലിന്യം പിടിച്ചുകൊണ്ടാണ് ഈ തുമ്പക്കൈയിൽ ആനയും കൊണ്ടുവരുമ്പോൾ ആൾക്കാർ ഉടനെ മാലിന്യം പിടിച്ചോണ്ടി വരുന്നത് ആനയെ കാണുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ കാണുമ്പോ സദാം വയ്ക്കുന്ന ആനയെ കണ്ടു ഉടനെ എന്ന് പറയുന്നത് ഭയമുള്ളവനാണ് ഇതിനെ കാണുമ്പോൾ ഭയം ഉണ്ടായാലേ ഉണ്ടായാലേ ഭയമില്ലാത്തവർക്ക് ഭീഭവനെങ്ങനെ അവന് ഭയം ഉണ്ടാവണമെങ്കിൽ ഭയത്തിന്റെ നിമിത്തം വരണം ഇവിടെയാണ് പറയുന്ന മംഗളയുഭവം ആനയെന്ന് പറയുന്നത് എന്താണ് മംഗളകരമായ ആനയാണ് ഭയം ഉണ്ടാക്കുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് മംഗളകരമായ യുഭവമാണ് മംഗളൈവം എനിക്ക് ആർക്കും ഭയം ഇങ്ങനെയുള്ള ഒരു വികാരം ഉണ്ടാക്കുന്ന സാധനമല്ല സംശയിച്ച് ശരിയാണ് പക്ഷെ ഇവിടെ സ്ഥാനവും ആദ്യത്തെ പദ്ധതി പറഞ്ഞ ഓർമ്മയുണ്ടാവും ഭിക്ഷുഭവും മംഗളയേ മംഗളകരമായ കാര്യം എന്ന് വെച്ചാൽ ആർക്കും ഭയം ഉണ്ടാക്കാം ഒരാളുടെ മനസ്സിൽ ഭയം ഉണ്ടായില്ലെങ്കിൽ അയാൾ ഭീരു വരും അതുകൊണ്ട് അത്തരം അതുകൊണ്ട് പറയുന്നത് എന്താണോ ഇത്രയും മന്ത്രി ശാസ്ത്രം ആത്മ ജനങ്ങൾ എല്ലാവരുടെയും സംശയരഹിതമായ ത്മികയായ ബുദ്ധി അതിന്റെ ഫലമായിട്ടാണ് ഒരു ഭിക്ഷുത രാജ്യം പറയുന്നത് പിന്നെ ഇവിടെ പറയുന്നത് എന്താണ് ഈ ആന കൊണ്ട് ആനയിടുന്നത് സ്വാമിയുടെ അകഴുത്തിലാണ് സ്വാമി എന്താ പേടി പേടിയിച്ചു കൊടുക്കുന്നത് ഇവിടെ സ്വാമി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് സർവസംഗപരി അയാൾ അങ്ങനെ പേടിക്കും ഇത് സംഭവിച്ച കാര്യമാണോ പറയുന്നത് ഭിക്ഷുഖ രാജ്യം എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിട്ടുള്ളു പിന്നെ രാജ്യത്തിന്റെ പിന്നെ എന്ത് ഗതിയെന്ന് എനിക്കറിയില്ല അവിടെ പലവിധ പ്രശ്നങ്ങളുണ്ടാവും എന്താ പ്രശ്നം ഇയാള് രാജ്യം ഭരിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റും പറ്റത്തില്ല പിന്നെ അടുത്തൊരു രാജ്യാധികാരിക്ക് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടി വരും വീണ്ടും ആരെയും കൊണ്ടിറങ്ങേണ്ടി വരും കാരണം ഇയാള് വിക്ഷുല്ല അപ്പൊ തുടർച്ചയായിട്ട് തന്നെ എന്തായാലും അത് ഭക്ഷുക രാജ്യമായി അതൊക്കെ അബദ്ധമാണ് അല്ലെങ്കിൽ ആടും എന്തെയാണ് സന്യാസം ഉപേക്ഷിച്ച് വിവാഹമൊക്കെ കഴിച്ച് രാജ്യം അങ്ങനെയാണോ സംഭവം അപ്പൊ പരമ അബദ്ധവും കാര്യങ്ങളൊക്കെ അപ്പൊ ഇവിടെ ഈ ഭിക്ഷ രാജ്യം എന്നുള്ള ഒരു സങ്കല്പം വന്നാൽ തന്നെ വേണമെങ്കിലും പറ എന്താണ് ഇവിടെ ഒരു പ്രയത്നമുണ്ട് ആ പ്രയത്നം എന്ന് പറയുന്നത് എന്താണ് ഭാഗ്യമൊന്നുള്ള ആ ഭാഗവും കൂടുന്നത് മന്ത്രി പ്രജകൾ ആന ഇവരെല്ലാത്തിന്റെയും കൂടെ പ്രയത്നമായിട്ട് പ്രയത്നഫലമായിട്ട് ഒരു രാജാവ് ഉണ്ടാവും ഈ പ്രയത്നം എന്ന് പറയുന്നത് ആ ഭിക്ഷുവിന്റെ കർമ്മ ഈ ജനങ്ങളുടെ കർമ്മത്തിന്റെ ഫലമാണ് ഫലം എന്ന് പറയുന്നത് ഒരു രാജാവാണ് ഈ ഫലം എന്ന് പറയുന്ന ആരുടെ ഫലം ഇവിടെ ഈ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അത് ജനങ്ങളുടെയും അമാവ് എല്ലാവരുടെയും കൂടെ പ്രവൃത്തിയുടെ ഫലമാണ് അപ്പൊ അങ്ങനെ പറയാം നമുക്കും പറഞ്ഞു ആ അങ്ങനെ ഇവരുടെ എന്താ കാരണം ഈ പ്രവൃത്തിയുടെ ഫലം എന്ന് പറയുന്നത് നമ്മൾ സ്വാർത്ഥിക്കുന്നത് നമ്മൾ കർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മീമാംസരമാരെല്ലാം ചിന്തിക്കുന്നു ഒരാൾ കർമ്മം ചെയ്യുന്നു അയാൾക്ക് ഫലം അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മുടെ മീമാംസര ചിന്ത പക്ഷെ ശരിക്കും കർമ്മഫലം അങ്ങനെയാണോ അങ്ങനെ കർമ്മഫലം എന്ന് പറയുന്നു അല്ല അവര് പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഈ ചെണ്ടയും കൊണ്ടി നടക്കുക എന്ന് പറയുന്ന അവരുടെ പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയുടെ ഫലം എന്താണ് അവർക്കൊരു രാജാവിനെ കിട്ടുന്നു അവർക്ക് ഒരു രാജാവ് എടുക്കുക എന്ന് പറയുന്നതാണ് അവളുടെ പ്രവൃത്തിയുടെ ഫലം അതാണ് കർമ്മഫലം അതിനാണ് കർമ്മഫലം എന്ന് പറയുന്നത് നമ്മളെ ഒരു പ്രവൃത്തി ചെയ്യുക അതിനു ഫലം കിട്ടുക അപ്പൊ പറയാം കൂട്ടായ പ്രവൃത്തിയുടെ ഫലമാണ് കർമ്മഫലം ഒരുപാട് നിരോധിച്ചു ചേർന്ന് പ്രവൃത്തി അപ്പൊ കർമ്മഫലം എന്ന് പറയുന്നത് പഴയ ഈ മീമാംസയുടെ ഇതനുസരിച്ച് ഒരു വ്യക്തി കർമ്മം ചെയ്യുന്നു അതിന്റെ ഫലം ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാം എന്ന് മനസ്സിലാക്കാനും പറ്റില്ല കൂട്ടായകർമ്മത്തിനും പൊതുവായ ഫലമുണ്ടാകും ഇപ്പൊ റോഡുണ്ടാകും ഡാമുണ്ടാകും എയർപോർട്ടുണ്ടാക്കും വീടുണ്ടാകും ഇങ്ങനെയുള്ള വരുന്നതിൽ എന്താണ് മനുഷ്യന്റെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണ് അപ്പൊ അത് അതിനുവേണ്ടി ആരൊക്കെയാണോ പ്രവർത്തിക്കുന്നത് അവരുടെ പ്രവൃത്തിയുടെ ഫലമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മീമാംസയില കർമ്മവും ഫലമായിട്ടൊന്നും യാതൊരു ബന്ധമാണ് അവര് ചിന്തിക്കുന്നതല്ല എന്താണ് പൗരോഹിത്യ കർമ്മത്തിന്റെ നമ്മുടെ കർമ്മം ഫലം എന്ന് പറയുന്ന ഈ സിദ്ധാന്തങ്ങളൊന്നും സാമൂഹ്യശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ അസംബന്ധമാണ് നിലനിൽക്കുന്ന കാര്യങ്ങളല്ല നമ്മുടെ അനുഭവിക്കുന്ന ഫലങ്ങളല്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഫലം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല അങ്ങനെ തീരുമാനിക്കുന്ന മനുഷ്യൻ ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒന്ന് ചേർന്ന പ്രവൃത്തിയുടെ ഫലം ഉണ്ടാവും അത് എന്താണ് ഒരു വ്യക്തിയുടെ കർമ്മഫലം ഒരു ഗ്രൂപ്പിന്റെ കർമ്മത്തിന്റെ ഫലമാണ് അങ്ങനെ ഒരു ചിന്ത നമുക്ക് പഴയ ചിന്തകളിൽ കാണുന്നുണ്ട് അവിടെ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് വ്യക്തിയുടെ കർമ്മഫലമാണ് എന്തുകൊണ്ടാണ് അവർ കർമ്മമായിട്ട് കാണുന്ന മുഴുവൻ പൗരോഹിത്യകർമ്മത്തിൽ പൗരോഹിത്യകർമ്മം വരുമ്പോൾ ഓരോ വേണ്ടിയിട്ട് അങ്ങനെയുള്ളത് അതുകൊണ്ടാണ് പൗരോഹിത്യ കർമ്മത്തിന് എപ്പോഴും എന്ത് വേണം ഒരു രജമാനൻ നിർബന്ധമായിട്ടും ഒരജമാനൻ അപ്പൊ ബാക്കിയുള്ളവരെല്ലാം പ്രവർത്തിക്കുന്നവരെ ഒരുപാട് പേരുണ്ടാവും അവർക്കൊന്നും കർമ്മഫലാണ് അവരൊക്കെ സ്വർഗത്ത് പോകുന്നവരാണ് അർത്തിക്കുകളല്ല പിന്നെയോ ആ കർമ്മത്തിന്റെ ഫലമായി സ്വർഗത്ത് പോകുന്ന ജനമാനാണ് ഇങ്ങനെയൊക്കെയാണ് പഴയ കർമ്മം ഫലം ഇതിനെ കുറിച്ചുള്ള കാട്ട് തികച്ചും അശാസ്ത്രീയം അർത്ഥശൂന്യമായ കാര്യമാണ് ആൾക്കാർ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കി അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഇങ്ങനെ അവർക്ക് അത് മുഖത്തെ സ്വീകരിക്കാം എല്ലാവരുടെയും കൂട്ടായ പ്രയത്നത്തിൽ ഏർ ആ ആ ലൗകിക കർമ്മങ്ങള് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബുദ്ധിയുണ്ട് തന്നെ മനസ്സിലാക്കാം മനസ്സിലാക്കാം അവിടെ കർമ്മവും കർമ്മഫലവും നമുക്ക് തീരുമാനിക്കാൻ പറ്റി കർമ്മസിദ്ധാന്തവും അവിടെ നടക്കത്തേരി കർമ്മസിദ്ധാന്തമൊക്കെ ചവിട്ടുപൂട്ടിക്കളയ അവരെക്കുറിച്ച് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ അവര് ചർച്ച ചെയ്ത് പൗരോഹിത്യത്തിൽ ഉപകരിക്കുന്ന കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നു ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ അതാണ് പറഞ്ഞത് സാമൂഹ്യബോധം ഇല്ലാത്ത ഒരു സമൂഹമാണ് എന്നെ കുറിച്ചൊക്കെ ചിന്തിച്ചത് ഒന്ന് സാമൂഹ്യബോധം തീരെ അവരുടെ സാമൂഹിക കാഴ്ചപ്പാടി തികച്ചും അശാസ്ത്രീയമായി അതായത് നമ്മൾ നമുക്കിവിടെ സാമൂഹ്യ ശാസ്ത്രം എന്ന നിലയ്ക്ക് ഇവിടെ നിലനിന്നത് ഒരേ ഒരു ശാസ്ത്രമാണ് എന്താണോ ചാതകോറിൽ ഇതാണ് കൊടുക്കുന്ന സാമൂഹ്യ വിശ്വാസം ഒരു സാമൂഹ്യ എന്ന് പറയുന്നത് വികസിപ്പിച്ചുകൊണ്ടുവന്ന പശ്ചാത്തലാണ് ഇന്ത്യക്കാരാണ് അവരുടെ ഇടയിൽ നൂറുകണക്കിന് സിദ്ധാന്തങ്ങളുണ്ടായിട്ടുണ്ട് ചിന്തകന്മാരുണ്ടായിട്ടുണ്ട് അതിൻ്റെ നൂറുള്ളൊരു അംശം പോലും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അവിടെ ഉണ്ടായ മുഴുവൻ ഈ സംവിധാനത്തിനു ചുറ്റിപ്പറ്റിയുള്ള സിദ്ധാന്തങ്ങളാണ് തികച്ചും അശാസ്ത്രീയമാണ് നമ്മുടെ ചിന്തകൾക്ക് വന്ന ഒരു ന്യൂനത നമ്മൾ അംഗീകരിക്കില്ല നമ്മള് സ്വയം പറയുന്നത് എന്താണ് നമ്മുടെ ചിന്തകളാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായി ചിന്ത ഞാനത് തങ്ങളെ കരുതുന്നു നമ്മുടെ ചിന്തകളിൽ ശ്രേഷ്ഠതയില്ലെന്നല്ല പറയുന്നു അതാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് അംഗീകരിക്കുന്നത് കാരണം നമ്മുടെ ചിന്തകളെന്ന് പറഞ്ഞ് കേവലം രണ്ടേ രണ്ട് വിഷയങ്ങളായി ചുറ്റിപ്പറ്റിയാണ് നിങ്ങളീ പറയുന്ന ആയിരക്കണക്കിന് വർഷത്തിലെ ചിന്ത എന്ന് പറയുന്നത് രണ്ടേ രണ്ട് വിഷയങ്ങളേ ഉള്ളൂ എന്തൊക്കെയാണ് ഒന്ന് മോക്ഷം മറ്റൊന്ന് ജാതകൂർമ്മ ഈ രണ്ട് വിഷയങ്ങളുടെയുണ്ട് വേറെ നമ്മൾ ജീവിച്ചിട്ടില്ല പ്രധാനമായിട്ടും ഇപ്പൊ ജോലി ഇവിടെ നിന്ന് ജോലി എന്താണ് ആസ്ട്രോളജി ആയുർവേദ വിദ്യ ഇങ്ങനെയൊക്കെ ഇല്ല ഇതെല്ലാം മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ജാതകൂർമ്മയായിട്ട് ബാക്കിയുള്ള എല്ലാം ഇതിന്റെ ഉപവിഭാഗങ്ങളാണ് ബാക്കി നിങ്ങൾ എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ അതുകൊണ്ട് അതിൻ്റെതായി ഇതാരെങ്കിലും പഠിപ്പിച്ചിട്ട് പറയുന്നതല്ല സ്വയം പഠിച്ചിട്ട് പറയുന്നില്ല അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായ ആത്മവിശ്വാസം ഭിക്ഷുഭോ മംഗളേ എതിർ പോയി പ്രാകണം പൗരുഷം ദത്ത ബലവത്ഭവീ പറഞ്ഞ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു മുമ്പ് പറഞ്ഞതിനെ മാറ്റിപ്പറയ്ക്കും ഇവിടെ മാറ്റിപ്പറയ്ക്കും മാറ്റിപ്പറയുന്നത് സ്വാഭാവികമാണ് പക്ഷാന്തരം എന്താണ് ഭിക്ഷുകോ മംഗളോ മംഗളേ മംഗളേ ക്ഷുവിനെ ഉണ്ടാക്കി പ്രിയത ആ ആന അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആനയ്ക്കാൻ കൊടുത്തിരുന്നു അതിന് ആനയാണ് ആന കഴിക്കുന്നുണ്ട് ചില സ്ഥലത്ത് അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഭിക്ഷുവിനെ ആരാവാക്കുന്നു ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു പ്രാക്തനം പൗരുഷം ഇത് ആ ഭിക്ഷുവിന്റെ പൂർവ്വകർമ്മത്തിന്റെ ഫലമാണ് തത്ര ബലവർ അതാണ് അവിടത്തെ ബലമായ കാര്യം അപ്പൊ ഇവിടെ തന്നെ ഇതാണ് പൂർവകർമ്മത്തിന് ബലമുണ്ടെങ്കിൽ അങ്ങനെയായി പരസരത്തും എന്താണ് ബലം വർത്തമാന കർമ്മത്തിനാണ് പൂർവകർമ്മത്തിനല്ല എന്ന് പറയുമെങ്കിലും ഇവിടെ വന്നപ്പോ രണ്ടായിട്ട് മാറ്റിയിടണം ഒന്നെന്താണ് ഈ പ്രവർത്തിച്ച ജനങ്ങളുടെ കർമ്മത്തിന്റെ ഫലമാണ് അവർക്ക് കിട്ടിയ ഒരു രാജാവ് അവരുടെ കർമ്മത്തിന്റെ ഫലം അങ്ങനെ മനസ്സിലാക്കാം അല്ലെങ്കിൽ എന്താണ് ഭിക്ഷുവിന്റെ കർമ്മത്തിന്റെ ഫലമാണെങ്കിൽ ഭിക്ഷുവിന്റെ രാജ്യം കിട്ടി മനസ്സിലാക്കും അപ്പൊ ഈ കർമ്മഫലം എന്ന് പറയുന്നത് എന്തായാലും ഒരു ഭിക്ഷു രാജാവായി ഇത് ആധർമ്മത്തിലാണ് നേരത്തെ പറഞ്ഞു സ്വഭാവധി അവരുടെ സ്വാഭാവികമായ ബുദ്ധിയാണ് ആ രാജ്യത്ത് പ്രജകളുടെ നിലനിൽപ്പില് ഉണ്ടാക്കിയതും നിലനിർത്തുന്നതും എന്ന് വെച്ചാ രാജ്യം അപ്പൊ അത് പ്രജകളുടെ പ്രവൃത്തിയുടെ ഫലമാണെന്ന് നേരത്തെ പറഞ്ഞു ഇപ്പൊ പറയുന്നത് എന്താണ് അഥവാ ബലോദാ അഥവാ ഇത് ആ ഭിക്ഷുവിറ്റ കർമ്മഫലവുമാണ് അപ്പോ ഈ പൂർവകർമ്മഫലത്തെ രണ്ടു തരത്തിലാണ് എന്താണ് ഒന്ന് ഒരു വ്യക്തിയുടെ കർമ്മത്തിന്റെ ഫലമായിട്ട് മറ്റൊന്ന് ഒരു സമൂഹത്തിന്റെ കർമ്മത്തിന്റെ ഫലമായിട്ട് രണ്ടു തരത്തിലും കാണാറുണ്ട് രണ്ടിനെയും ഇവിടെ അംഗീകരിക്കുക സമൂഹത്തിന്റെ കർമ്മചിന്റെ ഫലം പറയുമ്പോൾ അത് പ്രത്യക്ഷമായ കർമ്മചിന്ത നട അത് പ്രവർത്തിക്കുന്നു ലോട്ടറി നടത്തി ലോട്ടറി അടിച്ചു അതുപോലെ അതിനെ ഭാഗ്യമൊന്നും പറയുന്നില്ല പക്ഷെ ഭിക്ഷുവിനെ സംബന്ധിച്ചത് ഭാഗ്യമാണ് എന്തുകൊണ്ട് അണു ഭിക്ഷുവാണ് അണുരാജാവായ ഭാഗ്യമാണോ ദാർഭ്യമാണോ എന്ന കാലം തെളിയിക്കേണ്ട കാര്യമാണ് പല കാര്യങ്ങളും അങ്ങനെയുണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് സമാധാനത്തോടെ ജീവിച്ചവന് ലോട്ടറി അടിച്ചു കഴിഞ്ഞ് അവന് നശിച്ചിട്ടുണ്ട് അപ്പൊ ലോട്ടറി ഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ എന്ന് താരമാണ് ഇനി കേരളത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പത്ത് പേരുടെങ്കിലും ചരിത്രം കേരളത്തിലുണ്ട് ലോട്ടറി അടിച്ചുകൊണ്ട് ഇതൊക്കെ ഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ എന്ന് കാലം തെളിയിക്കേണ്ടതായിരുന്നു വിഷുവിനെങ്ങനെ രാജ്യം കിട്ടി അതായത് ജനങ്ങൾക്കെങ്ങനെ ഒരു രാജാവിനെ പറ്റി അതവരുടെ വർത്തമാന കർമ്മത്തിന്റെ ഫലം ഇങ്ങനെ കർമ്മഫലത്തെവിടെ രണ്ടായി കാണും എന്തായാലും അത് ഭാഗ്യമല്ല ഭാഗ്യം എന്ന് പറയുന്നതിന് പക്ഷേ വിക്ഷുവിനെ സംബന്ധിച്ച് ഭാഗ്യമാണ് പൂർവകർമ്മത്തിൻ്റെ ബലമാണ് അതാണ് വിക്ഷുനോ മംഗളയോധ്യനാണ് വിക്ഷുഖൻ മംഗള ആനയെ കൊണ്ട് നിൽപ്പത് എത്ര രീതിയിലും ചിലടത്ത് രാജാഭാഗങ്ങളുണ്ട് അത് തത്ര പ്രാപ്തനം പൗരുഷം ബലവത് പൂർവകർമ്മമാണ് ബലവത് കാരണമാണ് എന്നിട്ട് ഇതുവരെ പറഞ്ഞത് ഒരു ഭേദഗതി വരുത്തി ഐഹിക പ്രാക്തനും ഭംഗി പ്രാപ്തനും അധ്യദനം വരാ സർവദാ പുരുഷ സ്കുദ്വേഗവാൻ ചെയ്യും ചിലപ്പോ ചില സമയത്ത് ഈ ജന്മത്തിലെ കർമ്മം പൂർവകർമ്മത്തിലെ പൂർവ്വകർമ്മ പൂർവ്വജന്മത്തിലെ കർമ്മത്തെ ചെയ്യും ചിലപ്പോൾ പൂർവ്വജന്മത്തിലെ കർമ്മം ഈ ജന്മത്തിലെ കർമ്മത്തെ ചെയ്യും എന്താ വെച്ചാൽ ഇതിനൊന്നും ഒരു വ്യവസ്ഥയില്ല പറയാൻ എന്താണ് ഓരോ ദുഷ്ട ഒരുപാട് ദുഷ്പ്രവൃത്തി ചെയ്യുന്നു പക്ഷെ സുഖമായി ജീവിച്ച് മരിക്കുന്നു നല്ല പ്രവൃത്തി ചെയ്യുന്നു അവൻ കഷ്ടപ്പെട്ട് അതിനെന്താ സമാനം പറയും ഈ കർമ്മവ്യവസ്ഥ അനുസരിച്ച് ദുഷ്പ്രവൃത്തി ചെയ്യുന്നു സുഖമായ കൊണ്ട് ജീവിക്കുന്നു എന്റെ പൂർവ്വജന്മത്തിലെ പുണ്യം കൊണ്ട് നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ട് കഷ്ടപ്പെടുന്നു പൂർവ്വജന്മത്തിലെ പാപം കൊണ്ട് പ്രശ്നം നേടുന്നു ഇത മനുഷ്യൻ എന്ത് ചെയ്യുന്നു അവൻ്റെ കേവലമായ വാചകോ യുക്തികൾ കൊണ്ട് അവൻ്റെ ഉള്ള പ്രശ്നങ്ങൾക്ക് താത്കാലികമായ സമാധാനങ്ങൾ കണ്ടെത്തുന്നതിനും നടത്തിയ ശ്രമങ്ങളാണ് ഈ നാളെ അധികം ഇതിനകൻ ലോജിക്കുകളൊക്കെ അല്ലാതെ ഈ പറയുന്നതൊക്കെ എന്താണ് മനുഷ്യന്റെ ജീവിതമോ അതിൻ്റെ പ്രശ്നങ്ങൾക്കോ എന്തെങ്കിലും കാര്യമായ പരിഹാരം കണ്ടെത്താനുള്ള മാർഗങ്ങളെയാണ് നമ്മുടെ ശാസ്ത്രങ്ങൾക്കുള്ള ഒരു വലിയ തകരാറ അത് പൊതുസമൂഹത്തിൻ്റെ പ്രത്യേകം പറയും മനുഷ്യ സമൂഹത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനോ അതിന്റെ പരിഹാരങ്ങൾ നമുക്ക് എന്തെന്ന് മനസ്സിലാക്കാനോ ശ്രമിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ശാസ്ത്രം അതാണ് നമ്മള് ഇത്രയും വലിയ പറയുന്നു ഇത്രയും ശാസ്ത്രം ഉണ്ടായത് പിന്നോട്ട് പോകാനുള്ള കാരണം എന്താണ് നമ്മൾ പിന്നോട്ട് പോയത് ഒരു പ്രധാന കാരണമാണ് സമൂഹത്തിന്റെ പ്രശ്നം എന്താണ് അത് അതിൽ ചിലരെന്ത ചെയ്തു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന്റെ ക്ഷേമത്തിനുവേണ്ടിയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇല്ലാന്ന് പറയുന്നുണ്ട് അതത്രയുള്ളൂ മനുഷ്യരെ ഒന്നായി കണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയോ ചിന്തിച്ചു അവിടെ പ്രശ്നങ്ങളൊക്കെ ചിന്തിച്ചു ഇവര് പരമാവധി ചിന്തിച്ച രണ്ട് കാര്യവും മോക്ഷം മറ്റൊന്നും പോലായിരിക്കും അവിടെ എടുത്തവരാ അതുകൊണ്ടാണ് ഇവർ പ്രാക്തനും പൗരുഷം പ്രാക്തനം തോന്നി ഈ ജന്മത്തിലെ കർമ്മം പൂർവജന്മത്തിലെ കർമ്മത്തെ നശിപ്പിക്കുന്നു പ്രാക്തന അത്യജനം പൂർവകർമ്മം ഈ ജന്മത്തിലെ കർമ്മങ്ങളെ ബലാ നശിപ്പിക്കുന്നു സർവകുരുഷം എവിടെയാലും എന്താണ് പുരുഷന്റെ പ്രയത്നം ആണ് അത്ര അനത്യകാന് ചെയ്യും അവിടെ എന്താണ് ഉദ്യോഗമില്ലാത്ത ഉദ്യോഗം എന്ന് പറയുന്ന ഭയം ആശങ്ക മനസ്സിന്റെ വികല്പങ്ങൾ ഇതിനുള്ള ഉദ്യോഗം എന്ന് പറയും ഇതൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്നവൻ അവിടെ വിജയിക്കുന്നു അത് ശരിയാണ് മനുഷ്യന് മനസ്സിന് ഭയ ആശങ്കകളില്ലാതെ നിശ്ചയ ബോ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നവൻ വിജയിക്കുന്നു സ്വാഭാവികമായിട്ടും സാധാരണമായി ഒരു നിയമമാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന പ്രാകൃതമായ കർമ്മ നിയമങ്ങൾ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു ജയിക്കുന്നുണ്ട് അതും യാഥാർത്ഥ്യമാണ് എന്നാണ് ഒരു പക്ഷപാതം എന്താണ് പറയുന്നത് അദ്ധ്യതനസേവാ പ്രത്യക്ഷാത്യേ ദൈവം തേനും യഥോയൊക്കെ നേരത്തെ പറഞ്ഞ ഈ പൂർവകർമ്മവും വർത്തമാന കർമ്മവും ഉണ്ടെങ്കിൽ ദുയോഹോ അദ്ദേഹ സേവ പ്രത്യക്ഷാത്യ വർത്തമാന കർമ്മത്തിനാണ് ബലം കൂടുതൽ ഈ പറയുന്നത് ശരിയാണ് വർത്തമാന കർമ്മത്തിന് തന്നെയാണ് ബലം കൂടുതൽ പക്ഷെ ഈ പറയുന്നതിൽ വരുന്ന ശുദ്ധ മണ്ഡത്തിലെന്താണോ അവിടെ ഈ പൂർവ്വകർമ്മത്തെ കൊണ്ടുവരുന്ന കാര്യം പൂർവ്വകർമാഗനൊന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല വർത്തമാനകർമ്മം തന്നെയാണ് ഫലം നല്ലവണ്ണം പഠിക്കുക പരീക്ഷ പാസ്സാവും നല്ലവണ്ണം അധ്വാനിക്കുക ഫലം കിട്ടും ഇതൊക്കെ ശരിയാണ് അവിടെ പൂർവ്വകർമ്മത്തിന് എന്താ സ്ഥലം ഒരു സ്ഥലവും അവരബദ്ധല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും നെഗറ്റീവായി തോന്നുന്നുണ്ടോ ചിന്തിക്കുക അനകരവഴി അദ്ധ്യതന കർമ്മം നമ്മുടെ ഈ ജന്മത്തിലുള്ള പ്രവൃത്തികൾ അത് ബലവുള്ളതാണ് ചിന്തിക്കുന്നത് അവിടെ പൂർവകർമ്മത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യം കാരണം അങ്ങനെ ഒന്നുണ്ടോ എന്നുള്ള കാര്യം ആർക്കും ഉറപ്പുള്ള അത് കേവലം വിശ്വാസം കേവല വിശ്വാസങ്ങൾ ശരിയായിക്കോണും അതിനെത്ര സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാം അതിന് സാധ്യത തീരെ കുറവാണ് ഇപ്പൊ ചോദിക്കും ഭാഗ്യം അങ്ങനെ കോൺകാര്യങ്ങൾ തന്നെ ഉണ്ട് അപ്പൊ മറ്റൊരു കാര്യം അതിനെ അപൂർവകർമ്മം വിളിക്കുന്നതിന്റെ അർത്ഥം ഭാഗ്യമൊക്കെ ഉണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു അതിപ്പോ നമുക്ക് എന്താണോ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജന എന്തൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ എല്ലാത്തിനെയും കാരണം കണ്ടുപിടിക്കാനുള്ള ബുദ്ധി നമുക്കില്ല അറിയാൻ പോയത് അറിയില്ലാണെന്ന് കരുതുക സമാധാനം എല്ലാത്തിനും കാരണം കണ്ടുപിടിക്കണം ഞങ്ങളെല്ലാം അറിഞ്ഞവരാണെന്ന് എന്തിനാ ധരിക്കുന്നു മൂങ്ങാൻ വിരുന്ന നദിയിലെ തലയിൽ തേങ്ങാവിനെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല തേങ്ങാവിൽ ഇത്രയു അതിന കാരണം കണ്ടുപിടിക്കാൻ പറ്റും അതും ആർക്കും കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല ഇപ്പം മനുഷ്യനെ മനുഷ്യന്റെ ഇന്നും മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് ക്യാൻസർ ഓരോരുത്തർക്കും ക്യാൻസർ വരുന്നത് അതിനെന്താ കാരണമെന്ന് ശാസ്ത്രത്തിന് ഉത്തരവുണ്ടോ ഇല്ല ചിലത് കണ്ടുപിടിക്കില്ലതാണെന്ന് പറയും പക്ഷെ ശാസ്ത്രത്തിന് കൃത്യമായ ഉത്തരവില്ല എന്തുകൊണ്ട് ക്യാൻസർ വരും അതിന് തടയാൻ ഒരു വഴി ഇതുവരെ കണ്ടുപിടിക്കാം അതിനുള്ള കാരണം കണ്ടുപിടിച്ചു തീർച്ചയായും അതിന് തടയാനുള്ള വഴിയും കണ്ടു അപ്പൊ ക്യാൻസർ എന്ന് പറയുന്നൊരു വിപത്താണ് അതിനെ തടയാനുള്ള വഴി അറിയില്ല എന്നുകൊണ്ട് അതിന്റെ കാരണം അറിയാത്തതാണ് ചിലതൊക്കെ തടയും ഞാൻ പൊതുവേ പറയു അപ്പൊ കാരണം അറിയണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ മനുഷ്യനതിന് കഴിവില്ല ഭാവിയിൽ നിന്നു പക്ഷേ കഴിവുണ്ടാവുവാൻ അതുകൊണ്ടാണ് എന്ത് നിങ്ങൾ ആത്മീയമായി ജീവിച്ചാലും ഭൗതികമായി ജീവിച്ചാലും കള്ള് കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും വ്യഭിചരിച്ചാലും വ്യഭിചരിച്ചില്ലെങ്കിലും ക്യാൻസർ നിങ്ങൾ ജീവിതകാലം മൂലം പ്രാർത്ഥിച്ചാലും എന്നും ക്യാൻസർ വരും നിങ്ങൾ ജ്ഞാനിയാണെങ്കിലും ക്യാൻസർ വരും അജ്ഞാനിയാണെങ്കിലും ക്യാൻസർ ക്യാൻസർ പോലും വിടത്തില്ല എന്തുകൊണ്ടെന്ന് എന്തുകൊണ്ടെന്ന് നമുക്കറിയില്ല കാരണം അറിയില്ല മനുഷ്യൻ്റെ അതിന്റെ ധാരാളം കൊടുത്താൽ അറിഞ്ഞാലും വിടും പരിഹാരം കണ്ടത് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേ എന്തെങ്കിലും കണ്ടത് പക്ഷെ ഇന്നുവരും മനുഷ്യൻ അറിയില്ല അവൾ ഒരുപാട് ഞാനൊരു ഉദാഹരണം പറഞ്ഞു നമ്മൾ ഇത് വെച്ച് ചിന്തിക്കുക സ്വയം പഠിക്കുക അത് മനുഷ്യനറിയില്ല അറിയാത്തതോ നമ്മൾ എന്താണ് പറയുന്നത് അറിവില്ലാത്ത പറയുന്നു ജന്മവൃതം പാപം യാതിരും വേണം യാച്ചാ മനുഷ്യന്റെ അറിവില്ലായ്മ വേണം പക്ഷെ അറിവില്ലായ്മയെന്ന് പറയുന്നു പൂർവ്വജന്മത്തിലെ കർമ്മമാണ് അറിയാത്തോണ്ട് എന്താണ് അവനെ ചികിത്സിക്കാനും പറ്റത്തില്ല അവൻ പറയുക എന്താണ് അച്ചിത്സ്യ ചികിത്സിക്കാനും പറ്റത്തില്ല ആയുർവേദത്തിലെ മണ്ടത്തരം അറിവില്ലാതെ സമ്മതിക്കുക നമ്മൾ ആരും സൗജന്മാരല്ല മനുഷ്യനെ സൗജന്യം അവൻ വളരെ കുറച്ച് കാര്യങ്ങളെ അറിയുന്നു അപ്പൊ അറിവില്ലാത്ത അറിവില്ലാത്ത സംബന്ധിച്ച പ്രശ്നം തീർന്നു അത്ര അപ്പൊ അറിയണമെന്ന് അറിയാൻ പറ്റുന്നില്ല കഴിവില്ല നമുക്കത് പക്ഷെ മനുഷ്യൻ ശ്രമിക്കുന്നു അറിയാൻ ഒരുപക്ഷക്കണ്ടത്തുമായി ഒരു ഭാവിയുള്ള കാര്യമാണ് നമുക്ക് കാരണമാറിയില്ല അതുകൊണ്ടാണ് എന്താണ് നമ്മുടെ എങ്ങനെ ജീവിച്ചാൽ നിങ്ങളെത്ര വിശുദ്ധനായി ജീവിച്ചാരിച്ചു നിങ്ങൾക്ക് ഒരിക്കലും എന്തെങ്കിലും അടയാൻ പറ്റിയില്ല പിന്നെ എന്തെങ്കിലും സമാധാനങ്ങളുണ്ട് അമൂഢമായ സമാധാനങ്ങൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിവിധിയും ആൾക്കറി ചിലടൊക്കെ രക്ഷപ്പെടും ചിലരൊക്കെ സംഭവിക്കും ആ രോഗത്തിന്റെ പൊതു സ്വഭാവം കൊണ്ട് പറഞ്ഞതാണ് എല്ലാത്തിനും കാരണം അറിയില്ലെന്നോ എല്ലാത്തിനും ചികിത്സയില്ലെന്നോ അല്ല ഞാൻ പറയും അത് മനസ്സിലാക്കി തന്നെ ഞാൻ മനുഷ്യന്റെ ജീവിതത്തിലുള്ള പല കാരണങ്ങളും നമുക്കറിയില്ല അറിയില്ലാത്ത അറിവില്ലാന്ന് സമ്മതിക്കുക അവിടെ നിന്നും ജ്ഞാനിയാകാൻ പോകും എല്ലാം അറിഞ്ഞവനാണ് ഞാനി അങ്ങനെയൊരു ഞാൻ ലോകത്തുണ്ടായിട്ടില്ല സമീപ ഭാവിതങ്ങൾ ഉണ്ടാകാനും പോകുന്നെന്താ നടക്കുന്നതായിരിക്കും കാരണം എന്തുകൊണ്ട് ഇപ്പൊ തന്നെ മനുഷ്യനേക്കാൾ കൂടുതൽ അറിവുള്ളവരുണ്ടാരാണ് എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ കാണും അറിവ് ഞാനിപ്പോ എന്തെങ്കിലും സംശയമെന്നാണ് ചോദിക്കുന്നത് എ ഐയോട് അങ്ങനെന്താണ് എന്നെ പഠിപ്പിക്കുന്ന എ ഐ ആണ് നമ്മളെക്കാളും അറിവുണ്ടായിട്ടില്ല പഴയ കൊട്ടത്തരങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കരുത് ദൈവർ അദ്ദേഹ സീവാ പ്രത്യക്ഷ ദൈവം ചെയ്തു യഥോ എന്ന് ബാലം ദൂദൈവശക്തി അപ്പൊ പറയുന്നത് എന്താണോ ദൈവം ചെയ്തു പറയുന്ന പൂർവ്വകർമ്മത്തെ നമുക്ക് ജയിക്കാൻ പറ്റും ഇന്നും പറഞ്ഞ കാര്യങ്ങളെങ്ങനെ ബാലോ യുവനേവസിക്കതേ ബാലന്മാരെ എങ്ങനെയാണോ യുവാക്കൾ ജയിക്കുന്നത് അതുപോലെ ഉദാഹരണം ശരിയാണ് മന്പിടുത്തം നടത്തിയ കൊച്ചുകുട്ടികളെ യുവാക്കൾക്ക് ജയിക്കാം പക്ഷെ പൂർവകർമ്മത്തെ വർത്തമാന കർമ്മം കൊണ്ട് ജയിക്കാൻ പറ്റും പറ്റുള്ളൂ കഴിയും എന്തുകൊണ്ട് കഴിയും ഇതുവരെ പറഞ്ഞിട്ട് നമുക്കൊന്നും മനസ്സിലായി അങ്ങനൊരു സാധനമേയില്ല അതുകൊണ്ട് നിങ്ങൾ പൂർവകർമ്മത്തോട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ നിഴലിനോട് യുദ്ധം ചെയ്യുകയാണ് നിങ്ങൾ ക്ഷീണിക്കുമെന്നല്ലാതെ ജയിക്കത്തിന്റെ പരാജയപ്പെടുത്തും അങ്ങനെ ഒരു സാധനത്തുള്ള യാതൊരു സാധ്യതയും ഇല്ലാന്നതിനാൽ ഞാൻ സാധ്യതയില്ലെന്നാണ് ഇനി അടുത്ത് പറയാൻ പോകുന്ന അരുമേദി ഒരു മണ്ഡലത്തിലാണ് മേഘേന ഗീയ സരോപാർ പത്സ്യോപാർജിതാക്ഷി മേഘസ്യക്ഷാർത്ഥ അധിക യജ്ഞമാണ് ഇതിന്റെ വ്യാഖ്യാനം എഴുതിയപ്പം വ്യാഖ്യാതാവിന് പോലും ഇത് സഹിച്ചു പറഞ്ഞു ഇത് ശരിയല്ല എന്റെ വ്യാഖ്യാതാവെന്ന് പറഞ്ഞാൽ വലിയ യാഥാർത്ഥികനായ ഒരാളാണ് പണ്ഡിതനാണ് നമ്മളെയൊക്കെ കാണുന്ന എല്ലാവരും ഉള്ള പോലും ഇത് സഹിച്ചു എഴുതി വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിപ്പീ എന്തിനാ പഠിപ്പിക്കുന്ന ചിന്തപരത്തില് അന്ധവിശ്വാസ നിർമ്മാണത്തിനും അതിനു വേണ്ടിട്ടാണ് നമ്മൾ പല മണ്ഡലത്തരങ്ങളും ഇങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ മാറ്റി അതിനുവേണ്ടി പറയുക നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടോ ഇതും ഒരുപാട് ചർച്ച ചെയ്ത് കാര്യമാണ് മത്സരം ഉപാദിച്ചത് ആ കൃഷി ഒരു വർഷം അഹ്വാനിച്ച് സമ്പാദിച്ച ആ കൃഷിയുണ്ട് വയലിലവളം വാഴ കൊല നെല്ല് ഇതെല്ലാം എന്ത് ചെയ്യുന്നു മേഘയിലെങ്ങിയത് മഴ കൊണ്ടുപോകും മഴ കൊണ്ടുപോകും അസൗ മേഘസ് പുരുഷാർത്ഥം മേഘത്തിന്റെ പുരുഷാർത്ഥം മനസ്സിലായി മേഘത്തിനും പുരുഷാർത്ഥം മനുഷ്യനെ അധ്വാനിച്ച് സമ്പാദിച്ചതെല്ലാം എന്ത് ചെയ്യുന്നു മഴ കൊണ്ടുപോകുന്നത് മഴയുടെ പുരുഷാർത്ഥം ജ അതികയമാണ് അപ്പൊ മനുഷ്യന്റെ പുരുഷാർത്ഥത്തെ കാണും വലുതാണെന്ത് മേഘത്തിന്റെ പുരുഷാർത്ഥം അതുകൊണ്ട് എന്തെയ്യുന്നു മനുഷ്യന്റെ പുരുഷാർത്ഥത്തെ മേഘത്തിന്റെ പുരുഷാർത്ഥം ചെയ്യുന്നു അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നുന്നു മേഘത്തിന്റെ പുരുഷാർത്ഥം അപ്പൊ അതിന് വ്യാഖ്യാനാവ് ആദ്യം പറഞ്ഞ ഒരു സമാധാനം മേഘം എന്ന് പറഞ്ഞ ഒരു ദേവതകൾ ദേവതയുടെ പുരുഷാർത്ഥം ദേവതയുടെ പുരുഷാർത്ഥം ജയിക്കുന്നു മനുഷ്യന്റെ പുരുഷാർത്ഥത്തെ ജയിക്കുന്നു എന്നാണ് അപ്പോ അതുകൊണ്ട് പിന്നെ അദ്ദേഹം അകം കിട്ടും അത് കർമ്മഫലം തന്നെയാണ് മഴ പെയ്യുമ്പോ കൃഷി നിശ്ചകുന്ന എന്താണ് കൃഷിക്കാരന്റെ കർമ്മഫലം അയാളൊരു ദ്രോഹം ചെയ്തില്ലല്ലോ അയാൾ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഫലം ഉണ്ടായി പൂർവകർമ്മ ഫലം എന്നുവെച്ചാൽ ഇപ്പൊ വയനാട്ടിൽ സംഭവിച്ചെന്താണ് നമ്മളെന്റെ സമാനം പറയുകയും നൂറുകണക്കിന് മനുഷ്യർ മരിച്ച് കുറെ പേര് മരിച്ച് ജീവിക്കുന്നു മരിച്ചത് വളരെ ദയനീയമായി ക്രൂരമായി ഉന്നയിച്ചു പ്രകൃതി കൊല്ലുന്നത് ഒരു ദയവുമില്ലാതെയാണ് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാരണം ഞങ്ങളൊരു വെള്ളത്തിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് മരിക്കും അതായത് വെള്ള ശ്വാസം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ മരിക്കാൻ സെക്കൻഡുകൾ മതി കാരണം കുറഞ്ഞത് പതിനഞ്ച് സെക്കൻഡുകൊണ്ടൊരാളും പക്ഷേ വെള്ളത്തിൽ ഒഴുകിപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് ചിലടയ്ക്ക് ഒഴുകിപ്പട്ടി കിലോമീറ്റർ ദൂരെ പോയി രക്ഷപ്പെടുന്നത് എന്നു വെച്ചാൽ താഴേക്ക് പോവും വെള്ളക്ക് വരും തമിഴോട്ട് പോവും മെള്ളക്ക് വരും അടി ഇടിയൊക്കെ ചിലപ്പോൾ കയ്യോ കാലോ കുറഞ്ഞു പോവും എന്നാലും മരിക്കട്ട അതിക്രൂരമായ വേഗങ്ങൾ അനുഭവിച്ച് ബോധം നഷ്ടപ്പെട്ട് ബോധം ധരിച്ചു നമ്മൾ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചാൽ മതി അവരുടെ കർമ്മഫലം ഇത് കർമ്മഫലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നു താല്പര്യമുണ്ടെങ്കിൽ വിഷയത്തെ കുറിച്ച് പഠിക്കാൻ ഞാൻ ഒരു സൈറ്റ് ഞാൻ റെഫർ ചെയ്യണം പഠിക്കാൻ താല്പര്യമുള്ളവരാണ് ഇന്റർനെറ്റ് എൻസൈക്ലോപ്പീഡിയ ഓഫ് ഫിലോസഫി ഇന്റർനെറ്റ് എൻസൈക്ലോപീഡിയ ഓഫ് ഫിലോസഫി അതിനകത്ത് പ്രോബ്ലം ഓഫ് ഇവൽ ലോജിക്കൽ പ്രോബ്ലം ഓഫ് പലതുണ്ട് അതിന്റെ ലോജിക്കൽ പ്രോബ്ലം ഓഫ് ഇവൽ ഇവൾ എന്ന് പറയുന്നു ലോജിക്കൽ പ്രോബ്ലം ഓഫ് ഇവൾ വായിച്ചു വായിച്ചു അൽവിൻ കാൾ പ്ലേറ്റിംഗോ എന്നു പറയുന്ന ഈ വിഷയത്തെക്കുറിച്ച് ആധുനികന്മാരോട്ടും എന്താണ് ചർച്ച ചെയ് ചെയ്യപ്പെടുന്ന രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ളവരാണ് ഏറ്റ പ്ലേറ്റിങ്ക അ നിങ്ങളാദ്യം നോക്കിയാ ഒരുപാട് അതായത് അമേരിക്കൻ ക്രിസ്ത്യൻ ലോസഫറാണ് യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് കുടിയുടെ ഈ കാഴ്ചപ്പാടുകളാണെന്ന് ഒരുപാട് ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് ഒരുപാട് ഡിബേറ്റുകൾ ചേർത്തി അതേ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് കൊണ്ടുവന്നിട്ട് അതിന് സമാധാനം പറയാൻ ശ്രമിക്കുന്നതാണ് ശരിയായ സമാധാനമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വായിച്ചു നോക്കുക ശേഷം അങ്ങനെ രണ്ട് രണ്ടു തരത്തിലുള്ള പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ഒന്ന് മോറൽ ഇവിൾ മറ്റൊന്ന് നാച്ചുറൽ ഇവിൾ ആ നാച്ചുറൽ ഇവിൾ എന്ന് പറയുന്ന ഭാഗത്താണ് ഇതുപോലെ അതായത് വയനാട് അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നത് ഇദ്ദേഹത്തിന് പഠിക്കുന്ന എന്താണ് ഫിലോസഫർ ഓഫ് ഗോഡ് എന്നാണ് ഡിഫൻഡർ ഓഫ് ഗോഡ് എന്നാണ് ദൈവത്തെ രക്ഷിക്കുന്നതാണ് ഇദ്ദേഹം ഇപ്പൊ ദൈവത്തിന്റെ രക്ഷ ചേർത്തിയിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഉദയനാചാര്യം പറഞ്ഞവരാണ് ഇവിടെ പുരിയിൽ ചെന്നിട്ട് പുരിയിലാണ് കാശിലാണെന്നൊക്കെ പറയുന്നത് കാരണം നമ്മള് ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇവരുടെ ചിന്തയുടെ അടുത്തൊന്നും എത്തത്തില്ല കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ ചിന്തയുടെ അടുത്തൊന്നും അവരൊന്നും എത്തത്തില്ല പ്രാചീനമായ ചിന്തകളാണ് പക്ഷെ അന്നത്തെ ശക്തമായ ചിന്തകളായിരുന്നു ഹൃദയം പറഞ്ഞത് ഉദയനാചാര്യം ന്യായമസുമാഞ്ജലിയനും പറ്റും ഐശ്വര്യം മതമത്തോ സി ഞാൻ പറഞ്ഞിട്ടുണ്ട് പുരിയിൽ ആരാധിക്കുന്നവിടെ ജഗന്നാഥന്റെ മുമ്പ് ചെന്ന് അമാം അവജ്ഞായ തിഷ്ഠ മാമവജ്ഞായ തിഷ്ഠ തിഷ്ടസിനായാലും ഞാൻ നിന്റെ മുമ്പ് വന്നിട്ട് നീ എന്റെ ും അനാദരിച്ചിട്ട് ഇവിടെ കയറിയിരിക്കുകയാണല്ലോ അദ്ദേഹത്തിന്റെ പരാതി എന്തെന്നറിയാം അദ്ദേഹം അവിടെ ചെന്നിട്ട് പുരി അതെ എഴുന്നേറ്റില്ല അതാണ് പരാതി ബൗദ്ധേ പുനഃസമായാതേന മനസ്സി ബൗദ്ധന്മാരിനിയും വരും അപ്പൊ നിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് എനിക്കതീതമാണ് എന്ന് പറഞ്ഞാണീ പാട്ട് ഈ പാട്ടിന് അങ്ങനെയാ പറയും എന്നുവെച്ചാൽ ആ കാലഘട്ടത്തിൽ ബൗദ്ധന്മാർ ദൈവത്തെ ആക്രമിച്ചപ്പോ ദൈവത്തെ ആശയപരമായി താങ്ങി നിർത്തിയാലാണ് മുതലാജിനാണ് അതുപോലെ അതുപോലെയാണ് ഇദ്ദേഹത്തിന് ഫിലോസഫർ ഓഫ് ഗോഡ് എന്നു പറയുന്നത് ഒരുപാട് ചർച്ചകൾ ഈ തീരെ എങ്ങനെയാണെന്ന് അവരാരും എന്താണ് ഈ പൂർവ്വകർമ്മം എന്ന് പറയുന്ന മണ്ഡത്തിലൊന്നും അവർ കൊണ്ടുവരിക അതില്ലാതെ തന്നെ ഇതിനെന്താണ് ഡിഫൻഡ് ചെയ്യുന്നതിന് ഒരുപാട് യുക്തികളുടെ കാര്യം വായിച്ചു മനസ്സിലാക്കേണ്ട കാര്യം ഒരുപാട് യുക്തികളെ പക്ഷെ എന്നാലും ഈ പ്രകൃതിയിൽ നടക്കുന്ന ഈ ദുരന്തങ്ങൾ ഒരു ശരിയായ മറുപടി പറയാൻ മോറൽ ഉണ്ടെന്നുവിധം പിടിച്ചേ പ്രേമിത പ്രകൃതിയിൽ നടക്കുന്ന ഈ ദുരന്തങ്ങൾ ദൈവത്തെ നിലനിർത്തിക്കൊണ്ടൊരു സ്മാരണം പറയാൻ അതും എങ്ങനെയായിരിക്കണം ലോജിക്കലായിരിക്കണം അദ്ദേഹത്തിന് കഴിയും അല്ലെങ്കിൽ ആർക്കും കഴിയും സമാനം പറയണ്ടേ പലരും സമാനം പറയുന്നുണ്ട് നിങ്ങൾ അസൈറ്റം ഒരുപാട് സമാനം എന്തായാലും പാശ്ചാത്യ മനുഷ്യർ ഒരുപാട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അത് വലിയ നല്ല കാര്യമാണ് അനുകൂലമായി പ്രതിഫലമാണ് നമുക്കേതാണ് നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് നമുക്കെടുക്കാം ും ഡിബേറ്റ് ഇന്നും നടന്നു അപ്പൊ ഇത് എന്താണ് ഒരു ദേവന്റെ പുരുഷാർത്ഥം മനുഷ്യന്റെ പുരുഷാർത്ഥത്തെ കീഴ്പ്പെടുത്തിയാണെന്ന് പറയുന്നത് തികഞ്ഞും തികച്ച മണ്ഡലത്തിലാണ് ഞാൻ പറയുന്നത് നല്ല വാദങ്ങൾ നല്ല ചിന്തകൾക്ക് മനസ്സിലാക്കണോ ഈ പാശ്ചാത്യങ്ങളിൽ നിന്നു കാരണം അവർക്ക് ദൈവത്തെ ഡിപ്പെന്റ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ് ക്രിസ്ത്യൻസിലും മുസ്ലിങ്ങളും അവർ ഇന്നിപ്പം ഈ പറയുന്ന ഫിലോസഫറെ ആശ്രയിക്കുന്നത് പ്രധാനമായിട്ടും വേറെ ഇല്ലാന്നുണ്ട് പക്ഷെ എല്ലാവരും ഇദ്ദേഹത്തിന്റെ വാദഗതിയിലാണ് ആശ്രയിക്കുന്നത് നല്ലവനായ ദൈവവും എന്താണ് തിന്മയും എങ്ങനെ ഒത്തുപോകും നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക കഴിയുമെങ്കിൽ വായിച്ചിട്ട് വന്നാൽ അടുത്ത നമ്മൾ ചർച്ചയിൽ അതിനെക്കുറിച്ച് അറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിങ്ങളിതിൻ്റെ പ്രചാരകരായിട്ട് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ എന്താണ് ഇതിനെ കുറിച്ചുള്ള ബോധമുള്ള ആൾക്കാരെ നിങ്ങളുടെ ദൗർഭാഗ്യവശാൽ കണ്ടുമുട്ടേണ്ടി വന്നാൽ നിങ്ങൾ കണ്ടുമുട്ടുന്നില്ല കാരണം നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു ബോധമില്ലാത്ത ആൾക്കാരായി അല്ല അങ്ങനെ ആരെങ്കിലും കണ്ടുമുട്ടേണ്ടി വന്നാൽ അത് സഹായിക്കും അവരോടൊക്കെ സമാനം പറയാം നമ്മളെല്ലാം എന്താണ് ഫിലോസഫേസഫ് കൂടാണ് ദൈവത്തിന്റെ തത്വചിന്തകന്മാരാണ് അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കണം അങ്ങനെ വയനാട് ദുരന്തത്തെ എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും അത് നമ്മുടെ ഒരു വലിയ തലയിലെടുത്താൽ ചെയ്തേ പറ്റും അത് നമ്മൾ സഹായിക്കുന്ന ഒരാളെ ശ്രമിച്ചു നോക്കുക അതൊക്കെ പഠിച്ചിട്ട് വരുക നമുക്ക് നോക്കാം നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ സമാനം പറയണം നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിക്കും ഞാൻ ശിക്ഷിക്കാൻ ശ്രമിക്കും മനസിലായത് അതിന് തയ്യാറായി വേണം